पार्थसारथिपेण श्राव्वा शुभांगिथस्यार्ति हों देव कृपा मूर्ति कर्म हरिओं कर्मफलते आश्रादे कर्मम चयन त्याग योगी बाह्य कर्म उपेक्षण प्रधानमंत्री कर्म फलती आश्रा कर्म चाय कर्म कर्तव्य कर्म चवन यागियुन योगियुन एगवान्यासम या कर्मयोग र यथार्थ कर्मयोगी सन्यास इंटर भगवा वचन भागवत धर्म संप्रदाय उड़ल भागवत धर्मवर एंधीलो एवेड़ इकनो अवड़व इनवर्क कर्म निष्काम नि अभी भक्ति साधनयो ज्ञान साधनयो ഭ്യസിക്കുകയും ഭഗവത് പ്രാപ്തി നേടുകയും ചെയ്യാം ഒരു തടസ്സല്ല എന്നുള്ളത് ഭാഗവതധർമ്മമാണ് അതാണ് ഏറ്റവും ഈ കാലത്തേക്ക് നല്ല എല്ലാ കാലത്തേക്കും നാച്ചുറൽ ആയിട്ടുള്ള വഴി എവിടെവിടെ പ്രകൃതി അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വെച്ചിരിക്കണമോ അവിടെ അവിടെ ഇരിക്കാം എന്ത് ധർമ്മമാണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് അത് ചെയ്യാം അതായിട്ട് വിട്ടുപോകുമ്പോൾ വിട്ടുപോകട്ടെ പഴം പഴുത്തു കഴിഞ്ഞാൽ മരത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കില്ല ഞാൻ വീഴട്ടെ വീണുപോകും അതുപോലെ എപ്പോഴാണോ ഒരാൾക്ക് ആത്മജ്ഞാനം ഉണ്ടാവുന്നത് ആത്മജ്ഞാനം ഉണ്ടാവുന്നതോടുകൂടി തന്നെ കർമ്മത്തിലുള്ള കാമന പതുക്ക പോവുകയും ആദ്യം നിഷിദ്ധകർമ്മം വീണു പിന്നെ കാമ്യകർമ്മം വീണു അവസാനം വിഹിതകർമ്മവും വീണുപോകും പിന്നെ അകർമ്മമാണ് അകർമ്മം എന്നു വച്ചാൽ മിണ്ടാതെ കല്ലുപോലെ ഇരിക്കുമെന്നല്ല അർത്ഥം ചിലപ്പോൾ ഉജ്ജ്വലമായ ശരീരം പ്രവർത്തിക്കും പക്ഷെ അല്പം പോലും താൻ കർമ്മം ചെയ്യണു എന്നുള്ള ഒരു ചെറിയ അജ്ഞാനം പോലും ജീവൻ മുക്തനിൽ ഉണ്ടാവില്ല അതാണ് അകർമ്മസ്ഥിതി വിദുഷാ ക്രിയമാണം കർമ്മ അകർമ്മ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം വിദ്വാനായ ജ്ഞാനി അതായത് ജീവൻ മുക്തൻ ചെയ്യുന്നത് കർമ്മയോഗമല്ല കർമ്മയോഗം സാധനയാണ് ജീവൻ മുക്തൻ്റെത് കർമ്മയോഗമല്ല അകർമ്മമാണ് കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയാ അയാൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ഒന്നും ചെയ്യണില്ല പ്രകൃതിയിൽ പലതും ചെയ്യുന്ന പോലെയാണ് കാറ്റടിക്കുന്നു മഴ പെയ്യുന്നു മേഘങ്ങൾ സമുദ്രത്തിൽ പോയി ജലം കൊണ്ടുവന്ന് വർഷിക്കണു ഇതൊക്കെ അവർക്ക് ചെയ്യണു എന്നുള്ള ഭാവം ഇല്ലാത്ത പോലെ തന്നെ ജീവൻ ശരീരം അല്ലെങ്കിൽ ഭാഗവതന്റെ ശരീരം ജ്ഞാനിയുടെ ശരീരം യോഗിയുടെ ശരീരം എന്ത് പേര് വേണമെങ്കിൽ കൊടുത്തോളൂ അത് ലോകത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചാലും അതിന് പ്രവർത്തിക്കണു എന്നുള്ള ഭാവമല്ല അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു സന്യാസം എന്ന് പറയണത് കർമ്മയോഗം തന്നെയാണ് കർമ്മയോഗം തന്നെ ക്രമേണ അകർമ്മമായി തീരും അപ്പോ ഗൌണസന്യാസം മുഖ്യ സന്യാസം രണ്ട് ഗൗണസന്യാസം എന്ന് വെച്ചാൽ ഒരാള് എം ബി ബി എസിനു പഠിക്കുമ്പോ തന്നെ അയാളെ ഡോക്ടറിൽ നിന്ന് വിളിക്കുന്ന പോലെയാണത് അയാള് നല്ലവണ്ണം പ്രാക്ടീസ് ആയ ശേഷം ചികിത്സിക്കാനൊക്കെ തുടങ്ങിയിട്ട് അയാളെ ഡോക്ടറെന്ന് വിളിക്കണതിനും നല്ല അക്കംപ്ലിഷ്ഡ് ഫിസിഷ്യൻ ആവണതിനും പ്രാക്ടീഷണർ ആയിട്ടിരിക്കണതിനും ഉള്ള വ്യത്യാസം പോലെയാണെന്ന് വെച്ചോളാം गौण सन्यासम वा कर्मयोगी गौण सन्यास जीवन मुक्त मुख्य सन्यासियु अन्यासी पेरे रमण भगवान पर सन्यासी चो सन्यासी आत्मा सन्यासी आत्मा पेरान सन्यासम अलदे शरि व्यक्ति पेरल എപ്പോ ഒരാള് സ്വയമേവ ആത്മസ്വരൂപിയായിത്തീരുന്നു ബ്രഹ്മഭൂതനായിട്ട് തീരുന്നു അപ്പോഴാണ് അയാൾ സന്യാസി ആവണത് അപ്പൊ പിന്നെ അയാൾക്ക് പേരൊന്നുമില്ല നമ്മൾ സന്യാസിയുടെ അനുഭവം എന്താ ഞാൻ ബ്രഹ്മമാണ് എന്നാണ് അനുഭവം അപ്പൊ അയാൾക്ക് ഒരിക്കലും ഞാൻ സന്യാസിയാണെന്ന് പോലും പറയാൻ പറ്റില്ല ആ മുഖ്യ സന്യാസത്തിൽ അയാൾക്ക് താൻ എല്ലാമാണ് അപ്പോ പ്രത്യേകമായ ഒന്നും മാറ്റാതെ തന്നെ ഭാഗവതധർമ്മത്തിനെ ഭഗവാൻ ഇവിടെ പറഞ്ഞു കർമ്മയോഗം സന്യാസമാണ് സന്യാസമെന്ന് പറയുന്നത് ഗീതയുടെ ധർമ്മമാണ് ഗീതയില് ഉടനീളം സന്യാസം എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെ പേരു മാറ്റുകയോ ഊരുമാറ്റുകയോ ചെയ്യുന്ന സന്യാസമല്ല ആ സന്യാസത്തിന് വിലയില്ല എന്നല്ല അത് സാമൂഹികമായി മറ്റു പലതും ഉള്ളതുപോലെ അതും സാമൂഹികമായ ഒരു ആവശ്യമാണ് ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ സന്യാസം എടുക്കേണ്ടി വരും ഭഗവാനെ അവരുടെ നിയതി അങ്ങനെ ആക്കി തീർക്കും അല്ലെങ്കിൽ നിയതി പടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും ചെയ്യും അത് വേറെ വിഷയം പക്ഷെ ജനറൽ ആയിട്ട് എല്ലാവർക്കും കൂടെ പറയുമ്പോ സന്യാസം എന്ന് പറയണത് ഭഗവാൻ ഇവിടെ ഉപയോഗിക്കണത് ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ജ്ഞാനം കൊണ്ട് ഒരാൾ കർമ്മ അകർമ്മിയായിട്ട് തീർന്നു എന്നാൽ കർമ്മം നടക്കുകയും ചെയ്യും കർമ്മത്തിന്റെ ലോഡ് അയാളുടെ ഉള്ളിൽ തലയിൽ ഉണ്ടാവില്ല അപ്പോ അതാദ്യം പറഞ്ഞു എന്നിട്ട് എപ്പോഴാണപ്പോ ആർക്കാണ് അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശൻ സന്യാസത്തിൻ്റെ ലക്ഷണം അഥവാ ലക്ഷ്യം സങ്കൽപ്പത്യാഗമാണ് എന്നും പറഞ്ഞു മനസ്സിൽ ഉടനീളം ജീവിതത്തിൽ ഉടനീളം തുടർന്നുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഒരു ചാഞ്ചല്യം സങ്കൽപ്പിക്കുന്ന സ്വഭാവം അത് പതുക്കെ പതുക്കെ വിട്ടുപോവുകയും ഉള്ളിൽ ശാന്തി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സന്യാസം നമ്മളിൽ ജനിച്ചുകൊണ്ടിരിക്കണു എന്നർത്ഥം നിശ്ചല നിശ്ചല തത്വേ ജീവൻ മുക്തി അപ്പോ അങ്ങനെ സങ്കല്പം വിട്ടുപോകാത്തവൻ സന്യാസിയാവില്ല സങ്കല്പം വിട്ടുപോകണമെങ്കിൽ എന്തുവേണം ചില സങ്കല്പങ്ങളൊക്കെ സങ്കല്പൊക്കെ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ പോവില്ല അതേസമയം കാമ്യമായ അജ്ഞാനത്തോടുകൂടെ കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്നെയും പുതിയ പുതിയ സങ്കല്പങ്ങൾ ഉടലെടുക്കും अद्धु भगवान परी योगूढ़ नी वास्तव योगन आवच भक्ति मार्ग तो ज्ञान मार्ग नैन रुचि अब नोगारूढ़ अदाय भाव भगवानो भक्ति तुंगयो ആത്മവിചാരത്തിൽ രുചിയുണ്ടായി തുടങ്ങുകയോ ചെയ്യുന്നത് അപ്പോ ഇനി നനക്ക് കർമ്മചോദനം ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു ഇനി മേലാൽ ഇന്ന കർമ്മം ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ ഉള്ള വിധിയൊന്നും നനക്ക് ബാധകല്ല അപ്പൊ യോഗാരൂഢനായി എന്ന് എങ്ങനെ അറിയാം എപ്പോ നിനക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രുചി ഇല്ലയോ കർമ്മം ചെയ്യാനുള്ള അർജുൻ എൻ്റെ ഉള്ളിൽ അപ്പൊ നീ യോഗനായിരിക്കണോന്ന് കൂട്ടിക്കൊള്ള യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു നമ്മസു അനുഷജത സർവസങ്കൽപ സന്യാസി യോഗാരൂഢസ്ഥ നമുക്ക് പേര് പ്രസിദ്ധി പണം ശരീരത്തിന് വിശ്രമം വിശ്രാമം വേണം ശരീരത്തിന്റെ സൗഖ്യങ്ങളൊക്കെ വേണം ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും എപ്പോയില്ലയോ അതാണ് ഇന്ദ്രിയാർത്ഥേഷു എന്ന് പറഞ്ഞത് യാതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല സ്ഥൂല ശരീരത്തിന്റെ സുഖമോ സൂക്ഷ്മ ശരീരത്തിന്റെ സുഖമോ കാരണ ശരീരത്തിന്റെ സുഖമോ നമ്മൾ ആഗ്രഹിക്കണില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ സ്ഥൂല ശരീരത്തിന് കിട്ടുന്ന സുഖം നമ്മൾ ആഗ്രഹിക്കുന്നില്ല സൂക്ഷ്മ ശരീരം മനസ്സ് അതായത് മനസ്സിന് ഒരു സന്തോഷം വേണം നമ്മളെ ആരെങ്കിൽ സ്തുതിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടിവിയില് എന്തെങ്കിലുമൊക്കെ നല്ലത് കണ്ടുകഴിഞ്ഞ ഒരു സുഖം അതും വേണ്ട കാരണ ശരീരത്തിന്റെ സുഖം എന്താ പറയുക ഉറക്കം ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ല നമ്മൾ കംപ്ലയിന്റ് പറയുവല്ലോ അതും ആഗ്രഹിക്കാത്തവനാണ് യോഗാരൂഢൻ അയാള് ഉറക്കം വന്നാൽ ഉറങ്ങും ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഇരുന്ന് നാമം ജപിക്കുകയോ അല്ലെങ്കിൽ നിശ്ചലമായിട്ട് ഇരിക്കുകയോ ആ സമയവും എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഉറക്കത്തിനെ ആശ്രയിക്കുന്നില്ല കർമ്മത്തിനെ ആശ്രയിക്കുന്നില്ല മനസ്സിന്റെ ചലനങ്ങളെ ആശ്രയിക്കുന്നില്ല ഈ മൂന്നും ആശ്രയിക്കുന്നത് നമ്മൾ വിട്ടാൽ നമ്മൾ യോഗികളാവും കർമ്മം ചെയ്യാനുണ്ടോ ചെയ്യ ചെയ്യാനില്ലേ ഉണ്ടാതിരിക്കുക മനസ്സിൽ വിചാരങ്ങൾ വരണു വന്നോട്ടെ നല്ല വിചാരങ്ങൾ വരണു വന്നോട്ടെ ചീത്ത വിചാരങ്ങൾ വന്നോട്ടെ ഉറക്കം വരണു ഉറങ്ങുക ഉറക്കം വന്നില്ലേ എഴുന്നേറ്റ് സുഖമായിട്ട് ഇരിക്കുക അങ്ങനെ ഒന്നു പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഇത് ഉറക്കം വരണില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് തന്നെ ക്ഷീണിക്കും വയസ്സാവുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് ഉറക്കം തരില്ല വാർദ്ധക്യാൻ തോറും കുട്ടികൾ ചെറിയ കുട്ടികൾ ധാരാളം ഉറങ്ങും വാർദ്ധക്യാവുമ്പോൾ ഉറക്കം കുറയും കുറഞ്ഞാൽ ഉറക്കം കുറഞ്ഞതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കില്ല പക്ഷെ ഉറങ്ങിയില്ലല്ലോ ഉറങ്ങിയില്ലല്ലോ എന്ന് വിഷമിക്കണത് കൊണ്ട് ക്ഷീണിക്കും അതുകൊണ്ട് അതിനെ ആശ്രയിക്കാതിരിക്കുക അങ്ങനെ ഇതൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ മൂന്നും ആരാശ്രയിക്കണില്ലയോ മൂന്ന് ശരീരങ്ങളിലും ആശ്രയം ആര് വിട്ടുവോ ून पे आत्माुभ आत्म विचार अधिकारियाव अोगारूढ़ावा योगारूढ़ाव श्रमिक एन श्रमिक अद भगवान्न श्लोक पर नोक उत्म अवसादयेत आत्मत्मो बंधु आपुरात्म उधरे संसारगरेमन आत्मा आत्मन उद्धरेत आदगारूढ़ती उधत्मा न आत्मात्मनो बंधु ऋपु आत्म उद्धर उत्म आत्मा आत्मा आत्म आत्मा न आत्माद സ്വയം അവനവനെ താഴ്ത്തിക്കളയരുത് പതിപ്പിക്കരുത് ആത്മ എന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചാൽ ആത്മൈവത്മനോ ബന്ധു ആത്മാവ് തന്നെ അവനവൻ തന്നെയാണ് അവനവന് ബന്ധു ആത്മൈവ റിപുഹു അവനവൻ തന്നെയാണ് അവനവന് ശത്രു ഇത്രയുമാണ് അതിൻ്റെ വാച്യാർത്ഥ പദാർത്ഥം ഉദ്ധരേത് ആത്മനാ ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുഹു ആത്മൈവ റിപുഹു ആത്മന ഈ ശ്ലോകത്തിനെ സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ തന്നെ വലിയ കാര്യമായി സാധാരണ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഉദ്ധരിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ ജീവിതത്തിൽ രമണാശ്രമത്തില് ചില ഭക്തന്മാരൊക്കെ വന്നിട്ട് ആശ്രമത്തിന് പല ഗുണദോഷങ്ങളും പറയും ആശ്രമത്തിൽ അത് നന്നാക്കണം ഇത് നന്നാക്കണം എന്നൊക്കെ പറയുമ്പോ ഭഗവാൻ രമണ ഭഗവാൻ പറയും ഔ അവരൊക്കെ ആശ്രമം നന്നാക്കാൻ വന്നിരിക്കുകയാണെന്നാണ് വന്തവേലയെ പാർ എന്ന് പറ അമേരിക്കയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ റോബേർട്ട് ആഡംസ് എന്നു പേര് അദ്ദേഹം മഹർഷിയെ കാണാൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വളരെ കുട്ടിക്കാലം മുതൽക്ക് തൊട്ടിൽ കിടക്കുന്ന കാലം മുതൽക്ക് അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടിക്കൊണ്ടിരുന്നു തൻ്റെ അടുത്തൊരാള് കമണ്ഡലം പിടിച്ച് നിൽക്കുന്നതായിട്ട് ഒരു ദർശനം എവിടെയോ നോക്കണം ഈ ഗുരുതത്വം എന്ന് പറയുന്നത് വളരെ ആശ്ചര്യമാണ് അതൊരു വ്യക്തിയല്ല എപ്പോ ഒരു ജീവന് മുക്തിക്ക് സമയമായോ ദേശകാലങ്ങളൊന്നും പ്രശ്നമേ അല്ല ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും എവിടെയോ കിടക്കണ ഒരാള് ഏതോ പാശ്ചാത്യദേശത്തിൽ ജനിച്ച കുട്ടി തൊട്ടിൽ കിടക്കുമ്പോ മുതൽക്ക് എന്തോ തൻ്റെ അടുത്ത് വന്ന എന്തോ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വൃദ്ധന്റെ രൂപം കുട്ടിക്കാലം ഒരു എട്ടൊമ്പത് വയസ്സായപ്പോ ഈ കുട്ടിക്ക് പലേ യോഗ അനുഭവങ്ങൾ ഉണ്ടായി അദ്ദേഹം തന്നെ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയുമ്പോ പറയാണ് കണക്ക് പരീക്ഷ എഴുതുമ്പോ പെട്ടെന്ന് ലോകമൊക്കെ മറഞ്ഞുപോയി ക്ലാസ്സിലിരിക്കുമ്പോൾ ശരീരമൊക്കെ മറഞ്ഞ് പോയി ബോധമയമായിട്ട് ഞാൻ കണ്ടു ഒക്കെ ഒന്നായിട്ട് കണ്ടു പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലായില്ല അതിനെ അറിയാനുള്ള സൂക്ഷ്മ ബുദ്ധിയില്ല സകലതും അഖണ്ഡമായി ഏകമായി കണ്ടു അപ്പോ ശിഷ്യന്മാര് കേട്ടോണ്ടിരിക്കണവർ ചോദിച്ചു എന്നിട്ടോ എന്നിട്ട് എന്താ എനിക്ക് പൂജ്യം മാർക്ക് കിട്ടിയിരുന്നു അദ്ദേഹം തന്റെ അനുഭവങ്ങളൊക്കെ ആരെടുത്ത് പറയും ആർക്കും മനസ്സിലാവില്ല അദ്ദേഹം പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞ കഥയാണത് അദ്ദേഹത്തിന് ഉണ്ടാവുന്നതൊക്കെ സൈക്കിക് ട്രബിൾ ആണെന്ന് പറഞ്ഞിട്ട് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി ആക്കി കുട്ടിയെ അവസാനം അദ്ദേഹത്തിന്റെ സ്കൂള് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു വളരെ പ്രസിദ്ധനായ ഒരു മിസ്റ്റേക്ക് ആണ് അദ്ദേഹം ജോയിൽ ഗോൾഡ് ജോയൽ ഗോൾഡ് പറഞ്ഞു നിനക്ക് ഉണ്ടാവണത് വളരെ ഉയർന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആണ് നിനക്കത് നല്ലവണ്ണം വഴി കാട്ടുന്ന ആരെങ്കിലും ഒക്കെ നിനക്ക് വേണം എന്ന് പറഞ്ഞു പരമഹംസ യോഗാനന്ദനടുത്ത് കൊണ്ടുവിട്ടു അപ്പോ യോഗാനന്ദ പറഞ്ഞു ഞാൻ നിന്റെ ഗുരുവല്ല എൻ്റെ ഗുരു രമണമഹർഷിയാണ് ചെന്ന് കാണൂ ആരാണ് രമണ മഹർഷി ചോദിക്കുകയാണ് അപ്പോ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ കാണുമ്പോ എന്താന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽക്ക് തനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദർശനമാണ് താൻ ആ ഫോട്ടോയിൽ കാണുന്നത് അതിനർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾക്ക് മുക്തിക്കുള്ള റോഡ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് രമണമഹർഷി എന്നുള്ള ഒരു പേർസന്റെ രൂപമല്ലാതെ അപ്പോൾ നമ്മൾക്ക് വേണ്ടത് എവിടെയുണ്ടോ അതിനോ സജസ്റ്റ് ചെയ്യാനുള്ള പവർ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന് ടൈം സ്പേസ് ഒന്നുമില്ല സർവജ്ഞമാണത് അത് വേണ്ട സജഷൻസൊക്കെ അപ്പോൾ തരും പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ അതിൻ്റെ ഭാഷ നമ്മൾ തമിഴും മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു വച്ചിട്ട് ഈ അന്തര്യാമയുടെ ഭാഷ അറിയില്ല നമുക്ക് അതിൻ്റെ ഭാഷ മനസ്സിലാക്കാനുള്ള പവർ നമുക്കില്ല അത്രയേ ഉള്ളൂ അപ്പം വെളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗൈഡൻസ് വേണ്ടി വരണം അത് മനസ്സിലാവുമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ആരും ഗുരു ഒന്നും ആവശ്യമില്ല ആത്മാ തന്നെയാണ് ഗുരു അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തപ്പോ ആ പതിനേഴ് വയസ്സ് കുട്ടിയും എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വിഷമിച്ച് എങ്ങോട്ട് പുറപ്പെട്ടു വന്നു ആശ്രമത്തിലേക്ക് വന്നു വന്നപ്പോ തമിഴ് ഭാഷയൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് രമണഭഗവാൻ പറയണത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ആളെ പിടിച്ചു അദ്ദേഹം എന്താ പറയണതെന്ന് വെച്ച എനിക്ക് ഒന്ന് വിവർത്തനം ചെയ്തു തരണം അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ടുപോയി മഹർഷിയുടെ മുമ്പിൽ ചെന്നിരുന്നു പക്ഷെ അദ്ദേഹം മഹർഷിയെ കണ്ടപ്പോ തന്നെ നല്ലവണ്ണം കഥകളി അറിയണ ആൾക്ക് കളി കണ്ടാൽ മുദ്ര കാണിക്കുമ്പോ തന്നെ മനസ്സിലാവും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ അറിയാത്ത ആൾക്കാണ് ഒന്നും മനസിലാവില്ല ആ തുണി പിടിച്ച് ചോട്ടിലിടുന്നതിന് മുമ്പ് ഉറങ്ങി പോവും അതുപോലെ ഉള്ളില് പക്വമായ ആൾക്ക് ഗുപ്ത പൂർണ യോഗിയെ കണ്ടാൽ പഠിക്കാൻ ഭാഷയൊന്നും ആവശ്യമില്ല മഹർഷിയെ കാണുമ്പോ കാണുമ്പോ തന്നെ ഈ കുട്ടി കുറേ ഒക്കെ മനസ്സിലാക്കി എന്നിട്ടും എന്താ പറയണതെന്ന് കേൾക്കാം മഹർഷി ഒന്നും പറയണില്ല പറയൽ വളരെ കുറവേ ഉള്ളൂ അവചനേന ഇവ ബ്രഹ്മപ്രോവാചൻ ബ്രഹ്മസൂത്രത്തില് ഉഭയലിംഗാധികരണം ഭാഗത്തിൽ വരും ബ്രഹ്മത്തിനെ എങ്ങനെ ഉപദേശിച്ചു വെച്ചാൽ പറയാതെ പറഞ്ഞു ശിഷ്യൻ പോയി ഒരു വർഷം ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു ഗുരു ഒന്നും മിണ്ടിയില്ല അങ് ഉപദേശിക്കില്ലെന്ന് ചോദിച്ചു ഭ്രൂമഹലു ത്വം തുണ വിജാനാസീൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കാണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ എന്ത് ചെയ്യും അവചനേനുവാച ഒന്നും ഇണ്ടാതിരുന്നു കുറെ കഴിഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ഒരു ജോലിക്കാരൻ ആരെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണത് കേട്ടിട്ട് മഹർഷി പറഞ്ഞു ചുമ്മാര് വന്ദേ വേലയെപ്പാറ അപ്പൊ ഈ പയ്യൻ ഈ ട്രാൻസ്ലേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ അദ്ദേഹം പറഞ്ഞു ചോദിച്ചു കീപ് ക്വയറ്റ് pay attention to the work for which you came unda irkku vanna vela nokkoda endira vanna enach adhisradikku madi pinne adhem translator ubhayochichadilla inge onnu manasilakkanda inge onnu ariyenda avade irunnu rendu varsha irunnu palarum annoka kuttiy thalake brand adan povum tharichirunnu കുറെ വർഷം പത്തിരുപത് വർഷം ഭാരതത്തിൽ പല സ്ഥലത്തും ഇരുന്നു തിരിച്ചുപോയി പാശ്ചാത്യദേശത്തിൽ അനേകം മഹാത്മാക്കൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഭാരതത്തിനൊക്കെ പല ഗുരുക്കന്മാരുടെ അടുത്തു നിന്നൊക്കെ പഠിച്ചിട്ടും രമണ മഹർഷിയുടെ അടുത്തുനിന്ന് തന്നെ ഒക്കെ പക്ഷെ ഇദ്ദേഹം വളരെ വിലക്ഷണമായി നമ്മളുടെ നാട്ടിലെ ഋഷികൾ എങ്ങനെ ഇരുന്നുവോ ഏകദേശം അതുപോലെ തന്നെ വളരെ നിസ്സംഗമായിട്ട് പ്രചാരമൊന്നും കാര്യമായിട്ടില്ലാതെ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു ആജ്ഞ വന്നു തനിക്ക് തൻ്റെ അനുഭവം എല്ലാവർക്കും പറയണമെന്ന് അതുകൊണ്ട് മാത്രം കാരവൺ എന്ന് പറയും ഒരു ഹൗസ് വാൻ പോലെ ആ വാനിൽ തന്നെ താമസിക്കാം അതിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ഇരുപത് ആൾക്ക് മേലെ കൂടിക്കഴിഞ്ഞാൽ ആ സ്ഥലം വിടണം എന്നാണ് ആദേശം അങ്ങനെ യാത്ര ചെയ്തു അവസാന ഒരു പർവ്വതത്തിന്റെ ചവിട്ടില് സെഡോണ ഹിൽസിന്റെ ചോട്ടില് അദ്ദേഹം കുറച്ചു കാലം കുറേ പേര് പ്രയോജനപ്പെട്ടു വളരെ ഉയർന്ന ഒരു ജ്ഞാനനിഷ്ഠനായിരുന്നു ശരിക്കും ഭാരതീയമായൊരു ട്രഡീഷണൽ വേദാന്തത്തിൽ വന്ന ഒരു ആചാര്യനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ഒക്കെ ഉപദേശമേ ഇല്ല യഥാർത്ഥ ആചാര്യന് ഉപദേശമൊന്നുമില്ല പറയാനൊന്നുമില്ല ടീച്ചിങ് ലെക്ചറൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് ആർക്കും ഉപദേശിക്കും നിങ്ങളൊക്കെ പൂർണ്ണരാണെന്ന് കണ്ട പിന്നെ എങ്ങനെ ഉപദേശിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ പറയാം അത്രയേ ഉള്ളൂ അങ്ങനെ എന്തിനകത്ത് പറഞ്ഞ് കഥ പറഞ്ഞോന്ന് വെച്ചാൽ ഉദ്ധാരണം ചെയ്യണമെങ്കിൽ നമ്മളെ ഉദ്ധരിക്കാനുള്ള പവർ നമ്മളുടെ ഉള്ളിലുണ്ട് പക്ഷെ ഉദ്ധരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം നമ്മളുടെ ഉള്ളിൽ പലപ്പോഴും നമുക്ക് വേറെ പല ഉദ്ദേശങ്ങൾ വന്നു പോയാൽ നമ്മളുടെ ഈ ഉത്തമ ലക്ഷ്യം കറപ്റ്റഡ് ആവും അധ്യാത്മ ജീവിതത്തിൽ വന്നു പോയാലും ആളുകൾ പലപ്പോഴും ഇപ്പൊ ഗുരുവായൂർ പേരെ മെനക്കെട്ട് പോയിട്ട് അവിടുത്തെ കടയിൽ നിന്നും മോതിരമോ വളയോ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു ഗുരുവായൂർപ്പനം തൊഴാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതുപോലെ അധ്യാത്മ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും പലപ്പോഴും നമ്മളുടെ ഉദ്ദേശം പാളി പോവും നമുക്ക് തന്നെ അറിയില്ല നമ്മൾ ഇതൊക്കെയാണെന്ന് വിചാരിക്കും ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് വിചാരിച്ചു പോവും എന്തോ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കണത് എന്ന് തോന്നിപ്പോകും അപ്പൊ എന്താ നമ്മൾ നമ്മളെ ഉദ്ധരിക്കലല്ല വേറെ എന്തൊക്കെയോ ഉദ്ധരിക്കാനുള്ള പുറപ്പാടാണ് അവിടെയാണ് ഭഗവാൻ പറയുന്നത് ഉദ്ധരേത് ആത്മാനാത്മാനം വന്ന വേല നോക്കൂ എന്നാണ് എത്ര കാലം ജീവിക്കുന്നറിയില്ലേ എപ്പോ ശരീരം വീണുപോകുന്നറിയില്ല ദേഹം വീണുപോണതിന് മുമ്പ് കാര്യം उद्धर आत्मात्न नव एमव उधर आत्मीवी और आत्मा नाम शरीर मनर्थम और आत्मा ज्ञानमर्थम ज्ञानमको शरीर मनो संघ विचेद स्वयं तेय അല്ലെങ്കിൽ യോഗസാധന കൊണ്ട് അവരവർ ഏതേത് സ്റ്റേറ്റിൽ ഇരിക്കുന്നു ആ സ്റ്റേറ്റിനനുസരിച്ച് ഈ ശ്ലോകത്തിന് അർത്ഥം പറയാം ഒരു സാധക തലത്തിൽ ഇരിക്കുമ്പോൾ ജപമും ധ്യാനവും ഭക്തിയും ഒക്കെ ചെയ്ത് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ശുദ്ധം ചെയ്ത് ഉദ്ധരിക്കാം ലക്ഷ്യം അറിയാത്ത ആളാണെങ്കിൽ സത്സംഗത്തിലൊക്കെ ചെന്ന് മഹാപുരുഷന്മാരുടെ സമ്പർക്കം കൊണ്ട് ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുദ്ധരിക്കും ഉദ്ധരേത് ആത്മാനാത്മാനം ई मनुष्य जन्म किटी वे पाया कल एत्रो जन्म शेषत्रो मर... जन्म लुदुर्लभ मित्र बहुसंभवान्ते मनुष्यमर्थत्यमीर तूर्ण यतेत न पतेत अृत्यु येयसा विषय खलुदा േയസായ വിഷയാർവ്യു ലുർഭമിതം ബഹുസംഭ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കണോ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാലോ പാരമാർത്ഥികമായൊരു പ്രയോജനം ഉണ്ടാവും അത് ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ തമിഴിൽ ഒരു പാട്ടുണ്ട് നന്ദവനത്തിൽ ഒരാണ്ടി അവൻ നാലാറു മാതമായി കുയവനായി വേണ്ടി കൊണ്ടുവന്താണൊരു തോണ്ടി അതെ കൂത്താടി കൂത്താടി പോട്ടുടച്ചാണ്ടി ആണ്ടി എന്ന് വെച്ചാൽ നാലാറു മാതമായി എന്നുവച്ചാൽ പത്തു മാസം അതിനക്കട്ട് ഒരു തോണ്ടി തോണ്ടിന്ന് വച്ച കൊടം കൊടം കൊണ്ടു വന്നു അത്ര എന്നിട്ട് അത് എന്തിനു പ്രയോജനപ്പെടുത്തണം എന്നറിയാതെ കൂത്താടി കൂത്താടി പോട്ട് ഉടച്ച അവസാനം വീണു പോകും അല്ലെ അതുകൊണ്ട് ഈ ശരീരത്തിനെ മനുഷ്യ ശരീരം ഒരു മനുഷ്യ ശരീരത്തിൽ ഗുപ്തമായി കിടക്കണ ശക്തി എന്താ വിവേകമാണ് ഭഗവത് ശക്തി മനുഷ്യനിൽ മാത്രമുണ്ട് ബ്രഹ്മാവലോക അത് മാത്രാണ് മനുഷ്യനുള്ള പ്രത്യേകത അല്ലാതെ നമ്മളിപ്പോ കാണിക്കുന്ന ജപ്പുടി രമണഭഗവാൻ അക്ഷരണമാലയിൽ ഒരു പാട്ടുണ്ട് ജപ്പിടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട് ഉരുപടും വിത്തൈ കാട്ട് അരുണാചലാണ് ജപ്പിടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട് ജപ്പിടി വിത്തുവച്ച മാജിക് ഷോ മാജിക് ഇന്ദ്രജാലം ഇപ്പൊ നമ്മളുടെ എത്ര ഇന്ദ്രജാലമാണ് നടക്കുന്നത് അല്ലെ എന്തൊക്കെ നടക്കുന്നു എന്ത് ഇവിടെ ചെറിയൊരു ഫോൺ വെച്ചാ അമേരിക്കയിൽ ഇരിക്കുന്ന ആളെ കണ്ടുകൊണ്ട് സംസാരിക്കാം പെട്ടെന്ന് വിടുന്ന് വേറെ ഒരു രാജ്യത്തിലേക്ക് പോവാം എന്തൊക്കെയോ സാധിച്ചു കഴിഞ്ഞു നമ്മൾ ഭഗവാൻ പറഞ്ഞത് ഈ ജപ്പടി വിദ് കൊണ്ടൊക്കെ ഇന്ദ്രജാലം കൊണ്ടൊക്കെ എന്നെ മയക്കാതെ ഉരുപടും വിത്ത് ഈ കാട്ട് അരുണാചല ഉരുപ്പടും വിത്ത എന്ന് പ്രയോജനം ഉണ്ടാവണം ശാന്തി വേണം നിറവ് വേണം ഫുൾഫിൽമെന്റ് വേണം അതില്ലല്ലോ വേറെ എന്തൊക്കെയോ സാധിച്ചെടുക്കണോ അപ്പൊ എവിടെ ഉദ്ധരിക്കപ്പെട്ടില്ല എല്ലാം സാധിച്ചിട്ട് അതൊക്കെ നമുക്ക് തന്നെ വിനയായിട്ടാണ് തീരണത് എല്ലാ സുഖം സൗകര്യങ്ങളും കിട്ടി എന്നിട്ടോ മനുഷ്യന് സ്വാതന്ത്ര്യവും ശാന്തിയും കൂടുന്നതിന് പകരം കൂടുതൽ കൂടുതൽ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യാത്രകളൊക്കെ സൗകര്യം ആവുന്നതിന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലിരിക്കുക എന്നുള്ളത് പറ്റില്ല നാട് നീള ഇരിക്കണം എല്ലാം കൊണ്ടും നമ്മള് വിഷമിക്കുകയാണ് നമുക്ക് വേണ്ടത് കിട്ടണില്ല നമ്മളുടെ വിദ്യാഭ്യാസം ഒക്കെ പരാജയപ്പെട്ടു പോവാണ് ഒന്നും പ്രയോജനപ്പെടണില്ല അതാണ് ജപ്പടി വിത്തൈ കത്ത് ഇപ്പടി മയക്കുവിട്ട് പറഞ്ഞു ഉരുപടും വിത്തൈ നമുക്ക് നമ്മളെ ഉദ്ധരിക്കാനുള്ള ഒരു വിദ്യ വേണം ഉദ്ധരിക്കാനുള്ള ഒരു വിദ്യ നമ്മളെ തന്നെ ഉദ്ധരിക്കാൻ എങ്ങനെ ഉദ്ധരിക്കും യോഗാരൂഢത്വമാസാദ്യ ഭഗവ ആചാര്യ ഭഗവത്പാദൻ വിവേക ചൂടാമണിയിൽ ഭാഷ്യത്തിലും പറഞ്ഞു യോഗാരൂഢനായിട്ട് ഉദ്ധരിക്കുന്നതാണ് അതായത് യു ഹാവ് ടു അറ്റൈൻഡ് ദേറ്റ് യു ഹാവ് നോ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ടുവേർഡ് വേൾഡി ഓബ്ജെക്ട്സ് യഥാഹിനാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒന്നും സംഘമില്ല ആയി തീരാനുള്ള വ്യഗ്രതയില്ല ശാന്തിയുണ്ട് നിറവുണ്ട് ആ നിറഞ്ഞ സ്ഥിതി ഉണ്ട് ആ യോഗാരൂഢത്വം നേടിയെടുക്കും എന്നാലേ നീ നിന്നെ ഉദ്ധരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ആത്മൈവ ഹ്യാത്മനോ ബന്ധു നിനക്ക് അങ്ങനെ ചെയ്താൽ നീ നിന്നെ ഉദ്ധരിച്ചാൽ നിനക്ക് നീ തന്നെ ബന്ധുവായിട്ട് തീരും സത്സംഗത്തിലേക്കും ഭക്തിയിലേക്കും സദ്ഗ്രന്ഥ പാരായണത്തിലേക്കും ഞാ സാധനയിലേക്കുമൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ നിനക്ക് നീ ബന്ധുവായിട്ട് തീരും നിന്റെ ഉത്തമമായ ബുദ്ധിയെ ശുദ്ധമായ ബുദ്ധിയെ ഉപയോഗിച്ച് നിനക്ക് തന്നെ നീ ഹിതം നി നീ ബന്ധുവായിട്ട് തീരും അല്ലെങ്കിൽ നിനക്ക് നീ തന്നെ ശത്രുവായിട്ട് തീരും പലപ്പോഴും നമ്മൾക്ക് പലതും ദൂഷ്യമാണെന്ന് അറിയാം എന്നിട്ടും നമ്മൾ ചെയ്യാം ഒട്ടകം മുള്ളു തിന്നണ പോലെ ഒട്ടകത്തിന് മുള്ളു തിന്നാൽ നാവ് പൊട്ടിയിട്ട് ചോര ഒലിക്കും ഒട്ടകം മുള്ളു തിന്നും നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം പല കുഴപ്പങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇതൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാലും ചെയ്തു പോണു ഇതൊന്നും നമുക്ക് നല്ലതല്ല എന്നറിയും എന്നാലും അതിൽ തന്നെ പോയി പെടും അങ്ങനെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും മറ്റേ വഴിയേ ഉള്ളൂ ഭഗവാന്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാം എന്നെ രക്ഷിക്കൂന്നാണ് ഉദ്ധരേത് ഭഗവാന്റെ അടുത്ത് നമ്മൾക്ക് നമ്മളെ ഉദ്ധരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് വേണം തേശാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭമി നച്ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതാം മയ്യേവ മന ആധസ്ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം എന്ന സംശയ ഭഗവാൻ ഒരു ആശ്വാസവാക്ക് തന്നിട്ടുണ്ട് നിനക്ക് തന്നെ ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാക്സിമം ശ്രമിച്ചു നോക്കി പരാജയപ്പെടും ആ പരാജയം ഒരു വിജയമാണ് എന്താന്ന് വെച്ചാൽ പരാജയപ്പെടുന്നത് ആരാ ആരാ പരാജയപ്പെടാ ആരാ പരാജയപ്പെടുന്ന ആളാരാ നമ്മളുടെ അഹങ്കാരാണ് പരാജയപ്പെടണത് അത് അകമയ്ക്ക് പരാജയപ്പെടുമ്പോ അപ്പോ ശരണാഗതി ചെയ്യും ആത്മ നിവേദനം ചെയ്യും അന്തര്യാമിക്ക് പിടികൊടുക്കും അതുവരെ ഇത് അന്തര്യാമിക്ക് പിടികൊടുക്കില്ല അതുവരെ ഞാൻ തന്നെ ചെയ്തോളാം വിജയും പ്രാപിക്കും തോറും അധ്യാത്മ രമണ മഹർഷിയുടെ അടുത്തേക്ക് വന്ന ഒരു പ്രൊഫസർ അദ്ദേഹം മഹർഷിയെ കാണാൻ വരും അഞ്ചു വയസ്സ് മുതൽ മഹർഷിയെ കാണുന്ന ആളാണ് വിരൂപാക്ഷ ഗുഹയിലൊക്കെ മഹർഷി ഇരിക്കുമ്പോ അറിയുന്ന ആളാണ് പക്ഷെ പലപ്പോഴും വളരെ അടുപ്പം സാധിച്ചാ നമുക്ക് പ്രയോജനപ്പെടില്ല മഹാത്മാക്കളുടെ സമ്പർക്കം കിട്ടിയാൽ ചിലപ്പോ പ്രയോജനപ്പെടില്ല അതാണ് പറയുന്നത് നമുക്ക് നമ്മൾ തന്നെയാണ് ബന്ധു എന്നുള്ളത് നമ്മളുടെ ബുദ്ധി തെളിഞ്ഞിട്ടില്ലെങ്കിൽ മഹാപുരുഷന്മാരുടെ സമ്പർക്കം കിട്ടിയിട്ടും കാര്യമില്ല നമുക്കറിയില്ല ജയവിജയന്മാര് വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് പിന്നീട് ഹിരണ്യാക്ഷനും ഇരണ്യകശുവുമായിട്ട് വന്നില്ലേ ഇപ്പോ രമണ മഹർഷി ഒരു അറ്റൻഡന്റ് അടുത്ത് ചുമ്മാ ഇരു വന്ന വേലയെ പരുന്ന് പറഞ്ഞുവല്ലോ തന്നെ തമാശ പറയും ഒരിക്കൽ ആശ്രമത്തിലൊരു നായ വന്നു നായ അപ്പൊ മഹർഷി ഈ ജോലിക്കാരനോട് ചോദിച്ചു എന്തിനാ നായ് കുറയ്ക്കണം തോന്നിച്ചു അത് പുറത്തുനിന്ന് ഒരു നായ വന്നിട്ട് അതിനെ ഓടിച്ചു ആശ്രമത്തിന്റെ ഉള്ളിലുള്ള നായ ഓഹ് ഒന്ന കണ്ടു പഠിച്ചിരിക്കുന്നു പഠിച്ചിരിക്കണം തോന്നുന്നു എന്നുവെച്ചാ ഇത്ര അടുത്തിരുന്നാലും പലപ്പോഴും അവർക്ക് അവരുടെ ബുദ്ധി തെളിയാത്തത് അവർക്കത് പ്രയോജനപ്പെടുകയില്ല വിളക്കിന്റെ നേരെ ചുവട്ടില് ഇരുട്ടുണ്ടാവും വിളക്ക് ദൂരത്തിലൊക്കെ പ്രകാശം വിതരണം ചെയ്യുമ്പോഴും ആ വിളക്കിന്റെ നേരെ ചുവട്ടില് ഇരുട്ടുണ്ടാവും അത് ചെയ്യാൻ പറ്റില്ല അപ്പോ ചിലപ്പോ നമ്മൾക്ക് ബുദ്ധി തെളിയണ വരെ നമുക്ക് കിട്ടിയത് എന്താണെന്ന് അറിയില്ല ഈ ഞാൻ പറയുന്ന ആളും കൃഷ്ണമൂർത്തി അയ്യർ എൻ ആർ കൃഷ്ണമൂർത്തി അയ്യർ അദ്ദേഹം അഞ്ചു വയസ്സ് കുട്ടി ആയിരിക്കുമ്പോ തന്നെ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വയസ്സാവും തോറും മഹർഷിയോട് ദേഷ്യം വരാൻ തുടങ്ങി എന്താന്ന് വെച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യ സമരവും ഒക്കെ നടക്കുമ്പോൾ ഒരാൾക്ക് ഓണകം കെട്ടി എവിടെയോ കൗബീനവും കെട്ടി ഗുഹയിലിരിക്കണു ഒന്നിലും പ്രയോ പ്രവർത്തിക്കണില്ല കർമ്മം ചെയ്യണില്ല എന്നൊക്കെ തോന്നും കുറെ പാശ് പാശ്ചാത്യ ദർശനങ്ങളുമൊക്കെ വായിച്ചു വെസ്റ്റേൺ ഫിലോസഫിയൊക്കെ വായിച്ച് തലയൊക്കെ കടുവത്തി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുനർജന്മത്തിനെ നിഷേധിക്കലും ഈശ്വരനെ നിഷേധിക്കലും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യം അപ്പൊ അദ്ദേഹം പലരും ആരെങ്കിലും ഒക്കെ പുറമേ ഉള്ളവര് മഹർഷിയെ കുറിച്ച് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് എനിക്ക് അഞ്ചു വയസ്സ് മുതൽക്കറിയാം അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്നൊക്കെ പറയും അങ്ങനെ അദ്ദേഹം തിരുവണ്ണാമലയിൽ എതിർച്ചയാ അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട് അവിടെ വന്നപ്പോ മറ്റൊരു അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ടി കെ സുന്ദരേശ് അയ്യർ ഒരു വളരെ വിനയ വിനയാന്വിതനായ ഒരു സ്കൂൾ ടീച്ചറായ അദ്ദേഹം നമുക്ക് രമണാശ്രമത്തിൽ പോയി രണ്ടു ദിവസം താമസിക്കാമെന്ന് പറഞ്ഞു ഇദ്ദേഹം ശരി എന്ന് പറഞ്ഞു ശരി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഉത്സവ തിരക്കും കുറച്ച് രോഗമും അവിടെ അവിടെ കണ്ടേജിയസ് ഡിസീസൊക്കെ പറന്നിട്ടുണ്ട് ടൗണില് ആശ്രമത്തിലാവുമ്പോൾ തിരക്കില്ലാതെ താമസിക്കാം ഞാൻ വരാം പക്ഷെ നിന്റെ മഹർഷിയെ ഞാൻ നമസ്കരിക്കുമെന്നില്ല അപ്പൊ ടി കെ സുന്ദരേശ്വര പറഞ്ഞു മഹർഷിക്ക് നമസ്കരിക്കണത് ഇഷ്ടല്ല അതുകൊണ്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് സാരമില്ല വന്നോളൂന്നും ഇവർ ആശ്രമത്തിന്റെ ഉള്ളിൽ വന്നോടനെ മുമ്പിൽ വലിയ മരം ഇലിപ്പമരം ഇപ്പോഴുള്ളൂ ആ ഇലിപ്പമരത്തിന്റെ ചുവട്ടില് ഭഗവാൻ ഒരു ചേരലിരിക്കണുണ്ട് തമാശ സംഭവിച്ചു എന്താന്ന് വെച്ചാൽ ആദ്യം നമസ്കരിച്ചത് ഇദ്ദേഹമാണ് നേരെ പോയിട്ട് ഉള്ളു പോയി നമസ്കരിച്ചു നമസ്കരിച്ചു കഴിഞ്ഞത് ഒരു ഒരു പെട്ടെന്നൊരു ലജ്ജ വന്നു ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ എന്നെ തന്നെ താഴ്ത്തി കളഞ്ഞല്ലോ തോന്നി പിന്നെ ടി കെ സുന്ദരേശ്വരെ നോക്കി പറഞ്ഞു ഞാനൊരു കർശിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു ഒരു മര്യാദയ്ക്ക് വേണ്ടി ചെയ്താണ് സാരില്ല എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു മഹർഷിയുടെ അടുത്ത് നിങ്ങളിപ്പോ യു ആർ ഇൻ എ സ്റ്റേറ്റ് നിങ്ങൾ ഒരു സ്ഥിതിയിലിരിക്കുന്നു സ്റ്റേറ്റ് എന്നാണ് വാക്ക് നിങ്ങൾ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നു നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താവും എന്താണ് ചോദ്യം നിങ്ങൾ ഇപ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്താവും ഈ എൻ ആർ കൃഷ്ണമൂർത്തി പിന്നീട് എഴുതിയ ആർട്ടിക്കിളാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം എന്തൊക്കെ ഉത്തരം പറയുന്നുള്ളതൊക്കെ ഞാൻ മുൻകൂട്ടി തന്നെ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോ തന്നെ ചോദ്യം ചോദിക്കുന്ന ആള് ചില ഉത്തരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അത് മുമ്പിൽ വെച്ചോണ്ടിരിക്കും അതുകൊണ്ട് ഋഷികളുടെ സമ്പ്രദായം പ്രത്യേകിച്ച് രമണഭഗവാന്റെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദ്യത്തിന് ചിലപ്പോൾ അന്നൊന്നും ഉത്തരം വരികയില്ല ഈ വിൽ വെയ്റ്റ് ടിൽ യു ഫോർഗറ്റ് ദ ക്വസ്റ്റ്യൻ ടിൽ യു ഫോർഗറ്റ് യുവർ ഓൺ ആൻസർ അതിനുമുമ്പ് ആ കൊടക്കണ ആൻസർ കേൾക്കില്ല നമ്മള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ മനസ്സ് പ്രവർത്തിച്ചോണ്ടിരിക്കുമല്ലോ നമ്മളുടെ ഉത്തരവുമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും ഇദ്ദേഹം ചോദിച്ച ചോദ്യം നിങ്ങൾ ഇപ്പൊ ഒരു സ്റ്റേറ്റിലിരിക്കണോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താവും അപ്പൊ അദ്ദേഹം ഞാൻ മറ്റൊരു ജന്മം എടുക്കുമെന്നോ അല്ലെങ്കിൽ ഊർദ്ധ്വ ലോകത്തിലെവിടെയെങ്കിലും പോകുമെന്നോ അല്ലെങ്കിൽ മുക്തനാകുമെന്നോ എന്തെങ്കിലുമൊക്കെ പറയുമെന്നൊക്കെയുള്ള ഉത്തരമൊക്കെ തയ്യാറാക്കി അതിനുള്ള ബതിൽ മറുപടിയൊക്കെ തയ്യാറാക്കി വെച്ചോണ്ടിരിക്കുക ഒന്നും പറഞ്ഞില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും പറഞ്ഞില്ല പിന്ന കൃഷ്ണമൂർത്തിയർ പറഞ്ഞു ഈ മഹർഷിയുടെ ടെക്നിക്ക് എനിക്ക് മുമ്പേ മനസ്സിലാവും അറിയും അതാണ് ബുദ്ധി കൂടുതലായി എല്ലാം അറിഞ്ഞു വെക്കും നമ്മള് ഇദ്ദേഹം ഇങ്ങനെ ഉത്തരം പറയാതെ രക്ഷപ്പെടുന്നു എനിക്കറിയാം അദ്ദേഹം ആ ഒരു സൈലൻസിൽ പോയി രക്ഷപ്പെടുകയാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് ചുവട്ടൽ ഒരു ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ ഇത്ര ഞെട്ടില്ല അങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു മറുചോദ്യം ഇങ്ങടയ്ക്ക് വന്നു എന്താ മറുചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല വാക്കുകളും പറയണത് അർത്ഥമറിയാതെയാണ് അർത്ഥമറിയാതെയാണ് പല വാക്കും പറയണത് ഇദ്ദേഹം ചോദിച്ചത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഇരിക്കണു ഇത് കഴിഞ്ഞാൽ എന്താവും എന്നാണ് ചോദിച്ചത് മഹർഷി കൊറേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും തിരിച്ചൊരു ചോദ്യം ചോദിച്ചു വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ് നിങ്ങൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുവല്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞു എന്താ അപ്പൊ ഉടനെ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ശരിയാണ് ഞാൻ ശരീരത്തിനെ അല്ല പറഞ്ഞത് ശരീരത്തിനാണെങ്കിൽ അത് പാർക്കാൻ അറിയാത്തത് ഒന്നിലിവിടെ കത്തിച്ചുകളും അല്ലെങ്കിൽ അത് സ്വയം ചീഞ്ഞുപോവും കുഴിച്ചിടും അപ്പൊ ശരീരത്തിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചോദ്യത്തിൽ തന്നെ ഞാൻ കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു കാരണം ഉദ്ദേശിച്ചത് ശരീരത്തിനെ അല്ല എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിൽ നിന്ന് അന്യമായ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു ചോദ്യത്തിൽ തന്നെ കുടുങ്ങിക്കഴിഞ്ഞു ശരി മനസ്സിനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സെന്താണെന്ന് അദ്ദേഹം ചോദിക്കും അതിന് ഞാൻ ഉത്തരം പറഞ്ഞാവണം മനസ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ മനസ്സെന്താണെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും മറുചോദ്യം ഉണ്ടാവും അതിന് ഞാൻ ഉത്തരം പറഞ്ഞാവണം അപ്പൊ മനസ്സ് എന്താണ് മനസ്സ് എന്താണ് മനസ്സെന്താണ് തൻ്റെ ഉള്ളിൽ തന്നെ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സിനെ തെരയാൻ തുടങ്ങി മനസ്സെന്താണെന്ന് മനസ്സുകൊണ്ട് തന്നെ തെരയാൻ തുടങ്ങി തെരഞ്ഞുകൊണ്ടേ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ മഹർഷി അങ്ങോട്ട് നോക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ അല്പം അന്തർമുഖമായി കഴിഞ്ഞു അവിടെ നിന്ന് നോക്കണ നോട്ടം എന്നെ അങ്ങടെ അകത്തേക്ക് നല്ലവണ്ണം തള്ളി വിട്ടു ഒരു ക്ഷണനേരത്തിലേക്ക് എനിക്ക് ഉള്ളിലൊരു തെളിവുണ്ടായി മനസ്സെന്ന് പറയണത് വെറും ഒരു ഭ്രമമാണ് അഖണ്ഡമായൊരു പ്രജ്ഞയേ ഉള്ളൂ ഒരു ബോധമേ ഉള്ളൂ മനസ്സില്ല അവിടെ ശരീരമില്ല ഞാൻ ഒരു വ്യക്തി ഇല്ല അഖണ്ഡമായൊരു ബോധസമുദ്രമേ ഉള്ളൂ എന്ന് കുറച്ചു നേരത്തേക്ക് ഒരു ക്ഷണനേരത്തേക്ക് അഖണ്ഡമായ ഒരു പ്രജ്ഞ ഒരു ആനന്ദം ഒരു അനുഭൂതി പറയാൻ കഴിയാത്ത ഒരു ആനന്ദം അപ്പോ കുറെ നേരം കഴിഞ്ഞങ്ങടെ അദ്ദേഹ മഹർഷിയെ ശ്രദ്ധിച്ചപ്പോൾ ഒരു ഒരു ചെറിയ മന്ദഹാസം ഒരു ചിരിയോടുകൂടെ മഹർഷി ഇരിക്കയായിരുന്നു അപ്പോൾ അദ്ദേഹം പറയണ ഒരു വാക്ക് ഐ കെയിം ടു കോൺകർ ഹിം ബട്ട് ഐ വാസ് ബാൻ ക്വിഷ്ഡ് ഇൻ ദാറ്റ് ഡിഫീറ്റ് ഐ കെയിം ടു കോൺകർ ഹിം ഞാൻ അദ്ദേഹത്തിനെ പിടിച്ചടക്കാനായിട്ടാണ് വന്നത് പക്ഷെ ഞാൻ അമ്പയെ തോറ്റുപോയി പക്ഷെ ആ പരാജയമായിരുന്നു എൻ്റെ വിജയം എന്നുവെച്ചാൽ ആ പരാജയത്തോടുകൂടെ എനിക്ക് എൻ്റെ ഉണ്മയായ സത്തയെ കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടായി ഞാൻ എന്തല്ലെന്നും ഞാൻ എന്താണെന്നുമുള്ള ഒരു ദൃഷ്ടി ഒരു തെളിച്ചം എൻ്റെ ഉള്ളിൽ ഈ കഥ പറയാൻ കാരണം നമ്മളുടെ പരാജയത്തിലാണ് നമ്മളുടെ വിജയമെന്നൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ അതിനാണ് ഈ കഥ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കഥ പറയണമല്ലോ പരാ അഹങ്കാരം പരാജയപ്പെടുന്ന ക്ഷണത്തിൽ ആത്മാവിന്റെ കൃപാശക്തിയെ നമ്മൾ മനസ്സ് അപ്പോഴാണ് നമുക്കറിയാം നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ സാധാരണക്കാരല്ല എന്ന് നമ്മളൊക്കെ ഐസ്ബർഗ് പോലെയാണെന്ന് പറയും മനുഷ്യൻ ഐസ്ബർഗ് പോലെയാണെന്ന് രംഗനാഥാനന്ദ സ്വാമിയുടെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും യു ആർ ലൈക്ക് എൻ ഐസ്ബർഗ് ഐസ്ബർഗ് എന്ന് വെച്ചാൽ ഈ സമുദ്രത്തില് ചില പുറമേക്ക് ചില ഐലൻഡ് പോലെയൊക്കെ കാണും പക്ഷെ അടിയിൽ പോയി നോക്കിയാൽ ചോട്ടിൽ പോയി നോക്കിയാൽ എവറസ്റ്റിനേക്കാളും ഉയരമുള്ള ഒരു പർവ്വതം അതിന് അടിയിലുണ്ടാവും ചുവട്ടിലുണ്ടാവും അതുപോലെ നമ്മൾ കേവലം ഈ ശരീരവും മനസ്സും ഒക്കെ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് മാത്രം തോന്നുന്നു ആഴത്തിലുള്ളിലേക്കൊരു ദൃഷ്ടി ഉണ്ടാവുമ്പോൾ കാണാം നമ്മുടെ ഉള്ളിൽ ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്താമേ തിരുമൂലർ തിരുമന്തിരത്തിൽ പറയണു പെട്ടെന്ന് ഞാൻ കണ്ടു എന്താ കണ്ടതെന്ന് വെച്ചാൽ ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്താന ഈ മാംസമയമായ ശരീരത്തിൻറെ ഉള്ളിൽ സർവേശ്വരൻ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപോകുന്നതാണ് ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്താനെ